om nim mukti sutte yaa namahishai sadaa sugasi hansa jatamke sasya namah tu ഉക യോപേ കർമ്മനിമ യാ വിദ്യു അധ സിദ്ധാന് വി പരഞ്ച കേവലായ വിദ്യായ സിദ്ധം ഇവിടെ ചർച്ച ചെയ്ത വിഷയത്തെ ഇവിടെ പ്രസംഹരിക്കുകയാണ് ഇവിടുത്തെ മുഖ്യമായ സിദ്ധാന്തം ഇതാണ് സർവേഷാംശ അധികാരവും വിദ്യായ ആത്മവിദ്യയിൽ ഏവർക്കും അധികാരമുണ്ട് ഏവർക്കെന്ന് പറയുമ്പോൾ എല്ലാ ആശ്രമികൾക്കും ചർച്ച ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസിയായാലും മുഖ്യമായിട്ട് ഈ രണ്ടാശ്രമങ്ങളെ കുറിച്ചാണ് ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോ അവിടെ കർമ്മ അനുഷ്ഠിക്കുന്ന ആള് സന്യാസിന്ന് പറയുമ്പോൾ വിഹിതമായ കർമ്മങ്ങളെല്ലാം ത്യജിച്ചക്ഷി ചോദിക്കുന്നത് ഗൃഹസ്ഥാശ്രമം മാത്രം പോരെ എന്തിനു സന്യാസം അതിനെന്താണ് അവർ പറയുന്ന വ്യക്തി കർമ്മനിമിത്തത്വ വിദ്യ നേരത്തെ ഇതുവരെയുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലായി വിദ്യ ആത്മജ്ഞാനം അതിനു നിമിത്ത കർമ്മമാണ് എന്തുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് ദുരിതം ക്ഷയിക്കുന്നു ദുരിതം ക്ഷയിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകും ദുരിതമാണ് അതിന് പ്രതിബന്ധകമായിരിക്കും ആ പ്രതിബന്ധം നിശ്ചിച്ച് കഴിഞ്ഞാൽ ജ്ഞാനം പ്രകാശിക്കും ണെങ്കിൽ കർമ്മം വന്നു കർമ്മം കൊണ്ട് ദുരിതങ്ങളെല്ലാം കൊടുക്കുക സാധാരണ ആൾക്കാർ പറയാറുണ്ടല്ലോ കർമ്മങ്ങളൊക്കെ ചെയ്യുക കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ നശിക്കും ശുദ്ധമാവും മനസ്സും അതുകൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാവും മോക്ഷമുണ്ടാവും സാധാരണ പറയാൻ ഉള്ളത് യത്നാന്തര അനർഥിക്കും ശ്രവണമന്നനാദികളൊന്നും ആവശ്യമില്ല ബ്രഹ്മചര്യം തപസ് തുടങ്ങി സാധനം ഇവിടെയൊന്നും ആവശ്യമില്ല ബ്രഹ്മചര്യം തപസ് തുടങ്ങിയ നേരത്തെ പറഞ്ഞാൽ അത് സർവ്വാശ്രമസാധാരണമാണ് സന്യാസിക്ക് മാത്രമല്ല ഗൃഹസ്ഥനും ആവശ്യമുള്ള അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വരുന്നത് കർമ്മത്തെ ഉപേക്ഷിക്കണമോ അതനുഷ്ഠിക്കണം കുറച്ച് കർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം മതിയിക്കും ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ച് കർമാനുഷ്ഠാനവും കർമ്മയോഗവും എല്ലാം ഗൃഹസ്ഥാശ്രീത്തിലാണ് കർമ്മം വിധിച്ചിട്ടുള്ളടത്തെ കർമ്മയോഗവും ഇന്നത്തെ കാഴ്ചപ്പാടല്ല ആധുനിക ആചാര്യന്മാരുടെ കാഴ്ചപ്പാടല്ല ഞാൻ പറയാം കർമ്മം എവിടെ വിധിച്ചിരിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ അപ്പൊ കർമ്മയോഗം അവിടെ നിന്നുള്ള സന്യാസത്തിലും അവിടെ കർമ്മത്തെ ഉപേക്ഷിക്കുക കർമ്മത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ കർമ്മം സന്യാസി അത് പറഞ്ഞു അത് സർവാശ്രമ സാധാരണമായിരിക്കുന്ന അഹിംസ സത്യം ബ്രഹ്മചര്യം തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം ശ്രവണമനാദികൾ യത്നാന്തര അനർഥ യത്നാന്തരം വേണം മോക്ഷത്തിനുവേണ്ടി രത്നാന്തരം ശ്രവണമന്നാദികൾ അത് ആവശ്യമുണ്ട് അത് കർമ്മം ചെയ്ത് പാപം നശിച്ചാൽ തനിയെ മോക്ഷം ഉണ്ടാവും അതാണ് ഇവിടുത്തെ ചർച്ച രത്നാന്തര ആനധയ്ക്ക് വിധിച്ച് കർമ്മഭേവ പൂർവ ഉപചിത ദുരിത പ്രതിബന്ധ ക്ഷയാ കർമ്മങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു പൂർവോപചിതമായ മുമ്പ് സമ്പാദിച്ചിരിക്കുന്ന ദുരിത പ്രതിബന്ധങ്ങൾ ദുരിതങ്ങളാകുന്ന പ്രതിബന്ധങ്ങളെല്ലാം ക്ഷയിക്കുന്നു ഏവ വിദ്യ ഉത്പത്തിയെ അതുകൊണ്ടുതന്നെ വിദ്യ ഉണ്ടാകും പൂർവ്വപക്ഷിയുടെ അഭിപ്രായമാണ് കർമ്മഭ്യ പൃഥകസാതി അനർത്ഥ കർമ്മത്തെല്ലാം വിട്ടിട്ട് കർമ്മത്തെല്ലാം ത്യജിച്ചുകൊണ്ട് കന്യാസിയായി ഉപനിഷ ശ്രവണവും മറ്റും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് ആവശ്യമുണ്ടല്ലോ അനർത്ഥക അത് അനർത്ഥകമാണോഷം എന്നുവെച്ചാൽ സന്യാസം ആവശ്യമുണ്ടോ ഇല്ലയോ ഇതാണ് ഇവിടുത്തെ ചർച്ച അത് സന്യാസം തന്നെ ഇങ്ങനെയുള്ളത് സർവകർമ്മ ത്യാഗപൂർവ്വമായിട്ടുള്ളതും ആത്മനിഷ്ഠാരൂപത്തിലുള്ളതും അതാണ് സന്യാസം ആത്മനിഷ്ഠാരൂപത്തിലുള്ള സന്യാസംന്ന് പറയുമ്പോൾ ശ്രോണമന്നാദി സാധനങ്ങൾ അഹിംസ ബ്രഹ്മചര്യാദി സാധനങ്ങൾ എല്ലാം ഒരുമിച്ച് അനുഷ്ഠിക്കും കർമ്മം മാത്രം അവിടെ ഇല്ല അതാണ് ഇവിടെ സന്യാസങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സന്യാസം അപ്പോ അത് ആവശ്യമുണ്ടോ എന്നാ ഇതാണ് പൂർവ്വപക്ഷി ചോദിക്കുന്നു അതിനെ നിഷേധിക്കുന്നു എന്നാ ശ്രോണാദി യത്നം അനർത്ഥകമാണെന്നുള്ളതിനെ നിഷേധിക്കുന്നത് ശരിയല്ല നിയമാഭവാ അങ്ങനെയൊരു നിയമമില്ല എന്നാൽ പ്രതിബന്ധ ക്ഷയാദ വിദ്യ ഉത്പദ്ധ്യതാദി അനുഷ്ഠാനാതി നിയമവും പറയുന്നത് എന്താണ് കാര്യം ഉത്പന്നമാകുന്നതിന് പ്രതിബന്ധക്ഷയമാണ് മുഖ്യകാരണം അങ്ങനെയൊരു നിയമം ചെലവൊക്കെ സ്വീകരിച്ചിരിക്കുന്നു ഒരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിനെപ്പോഴും കാരണമായിരിക്കുന്ന എന്തായിരിക്കും അപ്രതിബന്ധമായിരിക്കും അക്കാര്യം സംഭവിക്കായിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ അഗ്നി ജ്വലിപ്പിക്കുന്നു ഇന്ധനത്തിൽ അപ്പൊ അഗ്നി ഇന്ധനത്തിൽ ജ്വലിക്കുന്നത് എന്തുകൊണ്ട് ജ്വലിക്കുന്നില്ല അവിടെ പ്രതിബന്ധം ഇരിക്കുന്നു ഈർപ്പം ഇരിക്കുന്നുണ്ട് അത് ജ്വലിക്കുന്നില്ല എന്തുകൊണ്ട് അത് ജ്വലിക്കുന്നു മറ്റൊരു കാരണവും പറയാൻ കാണാൻ വഴിയില്ല കാരണം അഗ്നി പ്രകടമാകുകയും ചെയ്യുന്ന സർവത്ര അപ്പൊ അതിന്റെ സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ അത് പ്രകടമാകുന്നു എന്തുകൊണ്ട് പ്രകടമാകുന്നില്ല അതിന് പ്രതിബന്ധമുള്ളതുകൊണ്ട് അപ്പോ അതിനെ പ്രകടമാകാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാം ആ പ്രതിബന്ധത്തെ ക്ഷയിപ്പിക്കാനാണ് അപ്പൊ പ്രതിബന്ധ ക്ഷയമാണ് മുഖ്യ കാരണം ചോദിക്കും അഗ്നിക്കുന്നത് ഘർഷണം കൊണ്ടാണെന്ന് വെച്ചാൽ ചില വസ്തുക്കളൊക്കെ പരസ്പരം ഉരസീട്ട് അഗ്നിണ്ടാവും അപ്പോ അഗ്നി ഉണ്ടാകുന്നത് ഘർഷണം കൊണ്ടല്ലേ അല്ലാതെ പ്രതിബന്ധം ക്ഷയിച്ചിട്ടാണോ ഒരു മുറി വേണ്ട അഗ്നി ഉണ്ടാകുന്നത് പ്രതിബന്ധം ക്ഷയിച്ചിട്ടാണ് കാരണം കർഷണം എന്തിനു വേണ്ടി പ്രതിബന്ധത്തെ ക്ഷയിപ്പിക്കാനാണ് അതിലെന്തോ ഒരു പ്രതിബന്ധം ഉണ്ടായിരുന്നോ അതിനെ മാറ്റി കർഷണം കൊണ്ട് അപ്പൊ തണുത്തിരിക്കുന്ന വസ്തുക്കളെ വരച്ചു കഴിഞ്ഞാൽ അത് ചൂടാകും അതാണ് അഗ്നി എന്ന് പറയുന്നത് ഉഷ്ണമാണ് അഗ്നിയുടെ അടയാളം അല്ലാതെ അവിടെ അഗ്നി ജ്വാല വേണമെന്നില്ല എന്ത് ഒരു കാര്യത്തിന് നിമിത്തമെന്ന് പറയുന്നോ അതിൽ നിന്നും നമുക്ക് മുഖ്യമായ നിമിത്തമായി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്താണോ ആ കാര്യത്തിന് പ്രതിബന്ധമായിരുന്നത് അത് നശിച്ചാൽ മതി അതുകൊണ്ടൊരു ചിന്താഗതി പ്രതിബന്ധ ക്ഷയം കൊണ്ട് കാര്യമുണ്ടാകുന്നു അതുകൊണ്ട് മുഖ്യം പ്രതിബന്ധ ക്ഷണം അനുഭാഷകാരെ അംഗീകരിക്കുന്നില്ല കാര്യമുണ്ടാകുന്നതിന് പ്രതിബന്ധക്ഷയമാണ് മുഖ്യകാരണമെന്നുള്ളത് സ്വീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നിയമമില്ല എന്തുകൊണ്ട് ഇവിടെ മോക്ഷത്തിന് ഈശ്വരപ്രസാദം തപസ് ധ്യാനം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ അത് കാരണമാണ് ശ്രവണ മനനാദികൾ മുഖ്യകാരണവും തപോധ്യാനാദികൾ അങ്ങനെയാണ് ഇവിടെ അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത് ഒന്നിന് അന്തരംഗമെന്നും മറ്റൊന്നിന് ബഹിരംഗമെന്നും പറയും ശ്രവണാദികളാണ് അന്തരംഗമായിരിക്കുന്നത് ബഹിരംഗമായിരിക്കുന്നു തപോധ്യാനാദികൾ അങ്ങനെ അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് പറയുന്നു ഈശ്വരപ്രസാദ തപോധ്യാനാദി അനുഷ്ഠാനാദി അതും ആവശ്യമാണ് മറിച്ച് പ്രതിബന്ധ ക്ഷയാതേവ വിദ്യ ഉത്പദ്ധ്യത ഇതി നിയമോ നാസ്തി പ്രതിബന്ധക്ഷയം കൊണ്ടാണ് വിദ്യ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു നിയമില്ല അപ്പോ ഗൃഹസ്ഥാശ്രമം മാത്രം മതി എന്ന് പറയുന്നവരെന്താണ് പറയുന്നത് ഗ്രഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് കർമ്മം ചെയ്യും നിഷ്കാമ കർമ്മം കർമ്മം ചെയ്യുമ്പോൾ ദുരിതങ്ങളെല്ലാം ഒടുങ്ങും അഹിംസാസത്യം തുടങ്ങിയ എല്ലാ ആശ്രമത്തിനും വേണ്ടതാണ് അപ്പോ അത് ഗൃഹസ്ഥാശ്രമത്തിലും അതെല്ലാം കുറെ നടക്കും പൂർണ്ണമായിട്ടല്ലെങ്കിൽ അപ്പോ പ്രതിബന്ധം ഒടുങ്ങുമ്പോൾ അവിടെ തന്നെ ജ്ഞാനം ഉണ്ടാകുന്നു മോക്ഷം ഉണ്ടാകും ഇതിന് ഇവിടെ ഭാഷകാരൻ അംഗീകരിക്കുന്നില്ല കാര്യത്തിന് കാരണം പ്രതിബന്ധ ക്ഷേമല്ല മുഖ്യ കാരണം എന്താണ് ആ കാര്യത്തിന് ഇന്റെ ഉത്പത്തിക്ക് കാരണമായിരിക്കുന്ന മറ്റു കാരണങ്ങളുണ്ട് അത് നേരിട്ട് കാര്യ ഉത്പത്തിക്ക് കാരണമാണ് അത് പ്രതിബന്ധക്ഷയ ദ്വാര അല്ല പ്രതിബന്ധക്ഷയവും ഒരു നിമിത്തം മാത്രം ആത്മമോക്ഷത്തിന് എന്തൊക്കെയാണ് കാരണമായിരിക്കുന്നത് ഈശ്വരപ്രസാദം തപസ് ധ്യാനം ശ്രവണമനാദികൾ ഇതെല്ലാം ഇതെല്ലാം വേണം അതുകൊണ്ട് ഇതിനുവേണ്ടി ഒരാശ്രമം വേണം കർമ്മമനുഷ്ഠിക്കുകയും കർമ്മം യോഗം ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമം മാത്രം പോരാ അഹിംസ ബ്രഹ്മചര്യാദീനാം വിദ്യാം പ്രത്യുപകാരകാരണത് മനന ശ്രവണമനന നിധ്യാസങ്ങൾ സാക്ഷാത്കാരണമാണ്ക്ഷയമല്ല എന്നതിനു മോക്ഷത്തിന് മോക്ഷം ആ രീതി അതിനുപകാരകമായിരിക്കുന്നു അഹിംസ ബ്രഹ്മചര്യം തുടങ്ങിയ വ്രതങ്ങൾ അപ്പൊ ഇതെല്ലാം വേണം ഈശ്വരാനുഗ്രഹം ഈശ്വരപ്രസാദം തപസ് ധ്യാനം ശ്രവണ മനനാദികൾ ഉപാസനകൾ എന്തെല്ലാം സ്വീകരിക്കുക എല്ലാം സ്വീകരിക്കാം മറ്റുള്ളതെല്ലാം ശ്രവണ മനനങ്ങളെ അപേക്ഷിച്ച് അത് മുഖ്യമല്ല അമുഖ്യമാണ് ഇതെല്ലാം നിയമപൂർവകമായി അനുഷ്ഠിക്കുന്നതിന് അഹിംസ ബ്രഹ്മചര്യാദികളും ശ്രവണ മലനങ്ങളും എല്ലാം അനുഷ്ഠിക്കുന്നതിന് ഒരാശ്രമം വേണം അതാണ് സന്യാസം അധ സിദ്ധാനി ആശ്രമാന്തരാണ് അതുകൊണ്ട് അംഗീകരിച്ചേ മതിയാവും ഗൃഹസാശ്രമം കൂടാതെ സന്യാസാശ്രമവും വേണം കർമ്മങ്ങളെ ത്യജിക്കുന്ന ആശ്രമം ആശ്രമാന്താണിന്തായാലും രണ്ട് തമ്മിൽ വ്യത്യാസം ശ്രമവും മറ്റാശ്രമങ്ങളും തമ്മില സർവേഷാം ചതികാരോ വിദ്യായം വിദ്യയിലെല്ലാവർക്കും അധികാരമുണ്ട് എന്നുവെച്ചാൽ എല്ലാ ആശ്രമികൾക്കും ഭരണഘട്ടത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രത്യേക ഇവിടെ ചർച്ച ചെയ്യുന്ന ആശ്രമത്തെ കുറിച്ചാണ് എല്ലാ ആശ്രമങ്ങൾക്കും വിദ്യയിൽ അധികാരമുണ്ട് അതെന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം ഇത് പറയുമ്പോഴെല്ലാം നമ്മൾ ഓർക്കണം പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യമാണോ അന്നത്തെ ചുറ്റുപാടുകൾ എഴുതിയ വിധിയിൽ എല്ലാവർക്കും അധികാരം ഉണ്ടെന്ന് പറയാൻ കാരണം ബ്രഹ്മചര്യത്തിൽ തന്നെ വേദം അധ്യയനം ചെയ്യുന്നു ഉപനയനം ചെയ്യുന്നു വേദാധ്യയനം ചെയ്യുന്നു വേദാധ്യയനം എങ്ങനെ വേദാധ്യയനം ചെയ്യണമെന്നാണോ അത് അർത്ഥ വിചാരത്തോടു അർത്ഥവിചാരവും ചെയ്യുന്നു അപ്പൊ വേദാധ്യയനം ചെയ്ത് അർത്ഥചിന്തനം ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിദ്യാപ്രാപ്തിക്കുള്ള അവസരമുണ്ട് ഏതാശ്രമിയായാലും ശരി ഒരു മയേരി ആയാലും ഗ്രഹസ്ഥനായാലും കാരണം അവിടെയെല്ലാം വേദാധ്യനം തുടരുകയാണ് വേദമീമാംസയും എല്ലായിടത്തും ഉണ്ട് മീമാംസെന്ന് പറഞ്ഞാൽ വിചാരം വേദ ചിന്തനം ചെയ്യുന്നവർക്കും എന്തായാലും ആത്മജ്ഞാനവും ഉണ്ടാകും അതിപ്പോ അദ്വൈതമോ അദ്വൈതമോ എന്തായാലും ശരി വിദ്യ എന്തായാലും എല്ലാവരിലും ഉണ്ടാവും അപ്പൊ ഏത് ആശ്രമിക്കും സ്വാഭാവികമായിട്ടും ആത്മവിദ്യയും അദ്വൈതജ്ഞാനവും ഉണ്ടാകണം വേദാധ്യയനം ചെയ്ത ഉണ്ടാകണം അറിവിന്റെ തുടക്കം അതുകൊണ്ട് പറയുന്നു സർവേഷാന്റെ അധികാരോ വിദ്യായ വിദ്യയിൽ ഉള്ള അധികാരത്തെ ഒരാശ്രമയെ സംബന്ധിച്ച് നിഷേധിക്കാൻ പറ്റത്തില്ല നിഷേധിച്ചാൽ വേദാധ്യനത്തെ നിഷേധിക്കേണ്ടി വരും സ്വാധ്യായോ അധ്യയത്വ പറയും ശ്രുതികരണം പറഞ്ഞിരിക്കുന്നു വേദം അധ്യയനം ചെയ്യണം ഇപ്പൊ ബ്രഹ്മചര്യം മുതൽ അത് അതുകൊണ്ട് സ്വാഭാവികമായും വിദ്യയിൽ സർവക്കും അധികാരമുണ്ട് എല്ലാ ആശ്രമികൾക്കും അധികാരമുണ്ട് പക്ഷേ പരഞ്ച ശ്രേയ കേവലായ വിദ്യായ പക്ഷെ പരവമായ ശ്രേയസ് പരവമായ ശ്രേയസ് മോക്ഷം മുക്തി അത് കേവലമായ വിദ്യയിലൂടെ സാധ്യമാകും അതാണ് ശങ്കരാചാര്യത്തിലെ മുഖ്യമായ സിദ്ധ കേവല വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യ മാത്രം കർമ്മം പാടില്ല കർമ്മത്യാഗപൂർവകമായ വിദ്യ എന്നിട്ട് സന്യാസം ഇത് മുമ്പും ചില സ്ഥലങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ട് വിദ്യയ്ക്ക് എല്ലാ അശ്രമങ്ങൾക്കും അവകാശമുണ്ട് പക്ഷെ പരമമായ ശ്രേയസ് മോക്ഷം അത് കർമ്മത്യാഗപൂർവകമായ ജ്ഞാനങ്ങൾ സാധ്യമാകും അത് സന്യാസാശ്രമത്തിലേ സാധ്യമാകും എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ സാധ്യമാകത്തില്ല എന്നാണ് ഇത് ശങ്കരാചാര്യന്റെ അഭിപ്രായമാണ് എല്ലാ ആചാര്യന്മാർക്കും ഇതാണ് അഭിപ്രായമൊന്നുള്ളതല്ല ശങ്കരാചാര്യെപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠാനിഷ്ഠ എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടാണ് പൊതുവായ സിദ്ധാന്തം ശങ്കരാചാര്യ ഈ സിദ്ധാന്തത്തിന് അപവാദമായിട്ടാണ് ഇതിനെങ്ങനെ മറ്റും എടുത്തു കാണിക്കുന്നത് അതിന് ശങ്കരാചാര്യക്കപവാദങ്ങളാണ് പൊതുവായി ഉപദേശിക്കാൻ പറ്റത്തില്ല പൊതുവായി ഉപദേശിക്കുമ്പോൾ ഇതേ പറയാൻ പറ്റും പ്രമാണവും യുക്തിയും ഒക്കെ ഇതിനാണ് ഇതിനോടാണ് കൂടുതൽ യോജിക്കുന്നത് അനുഭവം അങ്ങനെയാണ് പരവുമായ കർമ്മത്യാഗത്തിന് മാത്രമേ പരവുമായ ശ്രേയസ് ഉണ്ടാവത്തുള്ളൂ സാധാരണ ഗുരുവിനെ സംബന്ധിച്ചു ഇതിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ അപൂർവമാണ് അതുകൊണ്ട് ശങ്കരാചാര്യർ നിർബന്ധമായും ആവശ്യപ്പെടുന്നതാണ് മോക്ഷം വേണമോ സന്യസിക്കുക അതെവിടെയായാലും ശരി ഇനി ഗൃഹസ്ഥാശ്രമത്തിലിരുന്നാലും ശരി ബ്രഹ്മചാരിയായിരുന്നാലും ശരി അതുവരെ ജ്ഞാനം എല്ലാം ഉണ്ടാവും എന്താണ് ഞാനുണ്ടായാലും പിന്നെന്താ മോക്ഷം ഉണ്ടാവാ വിദ്യയ്ക്ക് സർവ്വർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ് ഞാനം വന്നാൽ ഉടൻ തന്നെ മോക്ഷം സംഭവിക്കണമല്ലോ എന്നാണ് അതിന് പറയുന്നത് വ്യവഹാരം വ്യവഹാരത്തിൽ മുഴുകുന്നവർക്ക് മോക്ഷം കാരണം വ്യവഹാരം ജ്ഞാനത്തെ മുടികളെ ജ്ഞാനത്തെ ബാധിച്ചുകളെ ശ്രവണം മനനാതി സാധനങ്ങൾ ചെയ്യുന്നവരും ഈ ആത്മ ജ്ഞാനത്തെ നേടാൻ ശ്രമിക്കുന്നവരും നേടുന്നവരുമെല്ലാം അത് വിട്ടിട്ട് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ പ്രവൃത്തിയുടെ ഫലമായി വരുന്ന ദന്ദ്ങ്ങൾക്ക് കീഴ്പ്പെട്ടു അതാണ് എല്ലാവരും പരാതി പറയുന്നതാണ് അത് മനസ്സിലായി പക്ഷെ വ്യവഹാരത്തിൽ വരുമ്പോൾ അതെല്ലാം വിസ്മരിക്കുന്നു വ്യവഹാരത്തിൽ വരുമ്പോൾ ഈ ജ്ഞാനം ഇതിന് അവിടെ യാതൊരു സ്ഥാനമില്ല വ്യവഹാരത്തിന് ആവശ്യമായി എന്താണ് വ്യാവഹാരികമായ ജ്ഞാനമാണ് ആത്മജ്ഞാനമാണ് വ്യവഹാരത്തിൽ ജൈവവും പരാജയവും ലാഭവും നഷ്ടവും എല്ലാം ഉണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഫലമായ ദുചേരും മോക്ഷമെന്ന് അങ്ങനെ പറയാൻ പറ്റും ഇതെല്ലാം പ്രാപ്തമാകുമ്പോൾ സ്വദുഖങ്ങളും മറ്റ് ദുന്ദങ്ങളും എല്ലാം ഒരുവിനെ പ്രാപ്തമാകുമ്പോ അതെല്ലാം എന്തുകൊണ്ട് പ്രാപ്തമായി വ്യവഹാരങ്ങൾ വ്യവഹാരം വ്യവഹാര നീതി ന്യായത്തെ ആശ്രയിച്ചിട വ്യവഹാരം സാധാരണ പ്രവൃത്തിയാണ് ഇതിൽപ്പെട്ടിരിക്കുന്ന ഒരാള് എങ്ങനെയാ മോക്ഷം അവകാശപ്പെടുന്നു അയാളും സുഖിക്കുകയും യും പരാജയപ്പെടുകയൊക്കെ ചെയ്യുമ്പോ എവിടെ മോക്ഷം അപ്പം വ്യവഹാരത്തിൽ അതിന് അവശ്യം ഭാവിയാണ് അത് വന്നേ തീരും വ്യവഹാരം ചെയ്യുക ഇത് ഒഴിവാക്കാതെ സാധ്യമല്ല അതുകൊണ്ട് പറയുന്നു വ്യവഹാരത്തിൽ മോക്ഷമില്ല വ്യവഹാരത്തിൽ നിൽക്കുന്നവർക്ക് മോക്ഷമില്ല മോക്ഷം വേണമോ ഇതെല്ലാം ഒഴിവാക്കണം ഈ ദ്വന്വങ്ങളിൽ നിന്നെല്ലാം അയാൾ മുക്തനാവണം അപ്പൊ ഈ ദന്വങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന പ്രവൃത്തികളെല്ലാം അപേക്ഷിക്കും പരമാവധി ചൊരുക്കുക അതാണ് സന്യാസം അഹിംസ സത്യം തുടങ്ങിയ സാധനങ്ങളും ശ്രവണമലനാദികളും മാത്രമേ ഉള്ളൂ അയാളെ സംബന്ധിച്ച് മറ്റ് മറ്റ് പ്രാപഞ്ചികമായ ലൗകികമായ ഒരു വ്യവഹാരങ്ങളും അവിടെ എന്ത് ചെയ്യുന്നു വ്യവഹാരമില്ലാത്തതുകൊണ്ട് ആ വ്യവഹാരത്തിന്റെ ഫലം അയാളെ ബാധിക്കുന്നില്ല ദുന്ദങ്ങളൊന്നും ബാധിക്കുന്നില്ല അയാൾ മുക്തനായിരിക്കുന്നു മുക്തി എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള മുക്തിയാണ് തൻ്റെ തന്നെ മനസ്സിലുണ്ടാകുന്ന ഈ ഭാവങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് ഇതാണ് ശങ്കരാചാര്യന്റെ മുഖ്യമായ സിദ്ധാന്തം അതുകൊണ്ടാണ് സന്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിന്റെ അപവാദമാണ് ജനകന്റെയും മറ്റ് ഇത് രണ്ടും കൂടെ ഊട്ടിക്കൊഴിച്ചിട്ട് വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചോദ്യം അവസാനിക്കത്തില്ല ഉത്തരവും അവസാനിക്കത്തില്ല പറഞ്ഞത് തന്നെ ആവർത്തിക്കരുത് ശങ്കരാചാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജനകൻ എന്ന് പറയുന്നത് ഒരപവാദം വരും അങ്ങനെ അതിന് പറഞ്ഞെന്താണോ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ട സന്ദർഭം വന്നിട്ടും ഉപേക്ഷിച്ചില്ല പറയുന്നുണ്ട് അവരെ എല്ലാം മുക്തന്മാരായി ഗണിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു അപ്പോ ആ കൂട്ടത്തിൽ ജനകനെ പോലെയുള്ള ജ്ഞാനികളും ശ്രീകൃഷ്ണനെ പോലെയുള്ള അവതാര എല്ലാം ആ കൂട്ടത്തിൽ ഗണിക്കാം പക്ഷെ അതിനെല്ലാം ശങ്കരാചാര്യ പറയുന്ന എന്താണ് അതൊക്കെ ഈ പൊതുവായ തത്വത്തിന് അപവാദമായി വരുന്നു അപവാദം എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ദോഷാരോപണം എന്നുള്ളതല്ല എക്സംഷൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാലേ മനസ്സിലാവും അല്ലാതെ അപവാദം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഉള്ള വിദ്വാന്മാര് എന്റെ നേരെ ചാടി കയറി ഞാൻ അവതാരപുരുഷന്മാരെ കുറിച്ച് അപവാദം പറഞ്ഞു അത് ശങ്കരാചാര്യ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ ഞാൻ സംസ്കൃതവും പറയും അത്യാവശ്യം വന്നാൽ ഇംഗ്ലീഷും പറയാം അപ്പോ അതാണ് അതാണ് ശങ്കരാചാര്യ സിദ്ധാന്തം മുഖ്യമായ സിദ്ധാന്തം അതുകൊണ്ട് സർവകർമ്മത്യാഗരൂപത്തിലുള്ള അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത് അത് ആ നിഷ്ഠയിൽ ഉള്ള ജ്ഞാനം മാത്രമേ ഒരാൾക്ക് മോക്ഷത്തെ കൊടുക്കത്തുള്ള കാരണം ഒരാൾ മറ്റ് ഗ്രഹസ്ഥ ധർമ്മത്തെ ഉപേക്ഷിച്ച് ശരി ഗൃഹസ്ഥ ധർമ്മത്തെ ഉപേക്ഷിക്കുന്ന സന്യാസമായി കണക്കാക്കാം സന്യാസത്തിൽ വന്നു അയാൾ കർമ്മങ്ങൾ ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അനുകൂല പ്രതികൂലങ്ങൾ വരുന്നു അനുകൂലങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് അയാൾ അങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ അയാളുടെ കയ്യിൽ ജ്ഞാനവും ഉണ്ട് അയാൾ ശ്രവണ മനണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തത്വജ്ഞാനവും ഉണ്ട് കൈ പക്ഷെ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന സത്പ്രവൃത്തി അയാൾ പുഷ്പ്രവൃത്തികളല്ല സത്പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അവിടെ വരുന്ന അസ്വസ്ഥതകളും ഉണ്ട് പിന്നെ എങ്ങനെയായ മുക്തനെന്ന് പറയാൻ പറ്റും ഒരാളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ അയാളുടെ മുക്തനെന്ന് പറയാൻ എന്തിന്റെ എന്തിന്റെ പേരിലായ മനസ്സ് അസ്വസ്ഥമാകുന്നത് അവരുടെ ദുഷ്പ്രവൃത്തിയുടെ ഫലമായിട്ടായിരുന്നു ചിലരുടെ മനസ്സ് അസ്വസ്ഥമാകുന്നവരുടെ സത്പ്രവൃത്തിയുടെ ഫലമായിട്ടായിരുന്നു സന്യാസിയുടെ മനസ്സ് അയാളുടെ സത്പ്രവൃത്തിയുടെ ഫലം കൊണ്ട് അസ്വസ്ഥമായ അവിടെ പിന്നെ പരോമാശ്രേയസ് മോക്ഷമില്ല ഇവനവർ വഴിയുള്ള എന്താണോ അതുപേക്ഷിക്കുക അതുകൊണ്ട് ശങ്കരാചാര്യത്തെ സംബന്ധിച്ചിടത്തോളം കർമാനുഷ്ഠാനവും കർമ്മയോഗവും ഗൃഹസ്ഥാശ്രമത്തിലാണ് അത് രണ്ടും അവിടെ അനുഷ്ഠിക്കും എന്നിട്ട് കർമ്മത്തെ ഉപേക്ഷിക്കുന്ന സന്യാസി പക്ഷെ ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് അതിനൊക്കെ മാറ്റമാണ് അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പത്തായിരത്തോളം വർഷം അതിന്റെ കാലത്തിന്റെ വ്യത്യാസം കൊണ്ട് സന്യാസത്തിന് പുതിയ നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നു പക്ഷെ അത് ശങ്കരാചാര്യർ പറഞ്ഞാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ആചാര്യന്മാര് അതിനെല്ലാം കാലോചിതമായ പല പരിഷ്കാരങ്ങളും വരുത്തിയിട്ടുണ്ട് അപ്പൊ മോക്ഷത്തെ സംബന്ധിച്ച് ശങ്കരാചാര്യർക്ക് വളരെ നിർബന്ധമാണ് എന്താണോ സന്യാസം കൊണ്ടേ അത് സാധ്യമാകും ഗൃഹസ്ഥാശ്രമത്തിൽ ഒരാൾ ജ്ഞാനിയായാലും ശരി അയാൾക്ക് മോക്ഷം കിട്ടത്തില്ല ദുഃഖം അനുഭവിക്കുന്നവന് മോക്ഷമില്ല അതാണ് ആ മോക്ഷത്തിന് ബാഹ്യമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ച് സാധ്യമാകും അത് അനിപ്പോ മുമ്പ് പറഞ്ഞതുപോലെ മനസ്സിന്റെ അസ്വസ്ഥത അത് മാത്രമല്ല അതൊരു ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ മുഖ്യമതല്ല അഹന്ത മമത തുടങ്ങിയ പല കാര്യങ്ങളും വരും കർമ്മസങ്കല്പങ്ങൾ പല വിഷയങ്ങളും വരും അവിടെ ഇതൊരു കാരണം വ്യവഹാരം ദ്വന്ദ്വാത്മകമായതുകൊണ്ട് വ്യവഹാര ഫലവും ദ്വന്ദ്വാത്മകമാണ് മനസ്സ് ദ്വന്ദ്വാത്മകമായാൽ മനസ്സിൽ അവിടെ മുക്തിയില്ല മനസ്സ് സ്വതന്ത്രമാകുന്നില്ല ആ സ്വാതന്ത്ര്യമാണ് മുക്തി അതുകൊണ്ട് കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കുക ത്തെ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാലും പിന്നീട് വന്ന മാറ്റം കർമ്മയോഗം എന്ന് പറയുന്നത് സന്യാസിക്കും ആകാം ഗൃഹസ്ഥൻ മാത്രമല്ല തൽക്കാലത്ത് വന്ന മാറ്റമാണ് എന്താവിടെ കർമ്മയോഗം അവിടെ ശങ്കരാചാര്യ പറഞ്ഞത് അങ്ങനെ യോഗാത്മകമായി അനുഷ്ഠിക്കേണ്ടത് നിത്യകർമ്മങ്ങൾ അത് പറഞ്ഞു കാമ്യനിഷിദ്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുക പിന്നെ നിത്യകർമ്മങ്ങൾ ഒരാൾക്ക് അനുഷ്ഠിക്കാം അത് യോഗം കാരണം അതിന് ഫലമില്ല അതുകൊണ്ട് ഗൃഹസ്ഥന അത് അനുഷ്ഠിക്കാം അതും ഉപേക്ഷിക്കുന്നു സന്യാസത്ത് നിത്യാഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു സന്യാസത്തിലുള്ള കർമ്മം ശ്രവണ മനനവും ഭിക്ഷാടനവും ഇതൊക്കെയുള്ളു അവിടെ നമ്മളീ പറയുന്ന കർമ്മയോഗമൊന്നുമില്ല പക്ഷെ പുൽക്കാലത്ത് വന്ന ആചാര്യന്മാരൊക്കെ മാറ്റി അങ്ങനെയല്ല സന്യാസത്തിൽ ഉണ്ട് കർമ്മയോഗം കാരണം ആധ്യാത്മിക ജിജ്ഞാസമുണ്ട് ഒരാള് സന്യാസത്തിലേക്ക് വരുന്നു പക്ഷെ അതിനുള്ള പക്വതയില്ല ആത്മനിഷ്ഠയ്ക്കുള്ള പക്വതയില്ല അതിന് പ്രാരബ്ദ ദോഷങ്ങളെല്ലാം തടസ്സമായി നിൽക്കുന്നു അപ്പോൾ മനഃശ്ദ്ധിക്ക് വേണ്ടി അയാൾക്ക് ജിജ്ഞാസയുണ്ട് വിരക്തിയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അയാൾക്ക് സന്യാസിയാകാം പക്ഷെ ദുരദക്ഷയെ സംഭവിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ട് കർമ്മം ചെയ്യാം അപ്പൊ എന്താ നിത്യകർമ്മം അതില്ല നിത്യകർമ്മങ്ങളുടെയൊക്കെ കാലം പോയി അതൊക്കെ വൈദിക കാലത്തേ ഉള്ളൂ അപ്പൊ നിത്യകർമ്മങ്ങളെല്ലാം പോയി പിന്നെ എന്ത് കർമ്മം ചെയ്യും പറഞ്ഞു അത് പരോപകാരം ചെയ്യുക അതാണ് മാധവ സേവ മാനവസേവ എന്നൊക്കെയുണ്ട് മുദ്രാവാക്യമൊക്കെ വന്ന് അങ്ങനെയാണ് അപ്പൊ അത് കർമ്മയോഗമായി സ്വീകരിക്കുക ഇവിടെയെല്ലാം ഇത്തരക്കാരെല്ലാം നമുക്ക് ജ്ഞാനികളായി സ്വീകരിക്കാം കർമ്മയോഗിയെ സ്വീകരിക്കാം പക്ഷികാലം പറയുന്നതനുസരിച്ച് തത്വമസിന്നുള്ള വാക്കി ശ്രവിച്ചു കഴിഞ്ഞാൽ ഞാനി തന്നെ പക്ഷെ നമ്മളെല്ലാവരും ജ്ഞാനിമാരാണ് തത്വമസി ശങ്കരാചാര്യ കേട്ട കൂടുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് ശങ്കരയർക്ക് കുറച്ച് കാലമുണ്ടായിരുന്നുള്ള കേൾക്കാൻ നമുക്ക് കൂടുതൽ കാലം കിട്ടി അതുകൊണ്ട് ജ്ഞാനികളാണൊരു സംശയമില്ല വേദാന്തം ശ്രവിച്ചവരല്ല ജ്ഞാനികളാണ് പക്ഷെ മോക്ഷം മാത്രമില്ല മോക്ഷം കിട്ടാത്ത എന്തുകൊണ്ട് അതിന് ശങ്കരായു കാരണം സർവകർമ്മ സന്യാസം തന്നെ വരണം എന്നാലും മോക്ഷമുണ്ടാകും വ്യവഹാരത്തിൽ നിന്നും കൊണ്ടാൻ സാധ്യമല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു സർവകർമ്മ സന്യാസം എന്ന് പറയുമ്പോൾ സന്യാസിയുടെ ആചരണത്തിൽ മുഖ്യമായി വരുന്ന ഒന്നാണ് ഭിക്ഷാടന ശ്രവണമനങ്ങൾ ബാക്കി അഹിംസാസക്തി ഇതെല്ലാം മാനസികമായ സാധനങ്ങളാണ് പക്ഷെ ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടി വരുന്ന ഒരേ ഒരു കർമ്മം എന്ന് പറയുന്നത് ഭിക്ഷാടൻ ശരീരം നിലനിർത്തണമുണ്ടോ ഭിക്ഷാടനം ഇന്നത്തെ കാലത്ത് അസംഭവമായി തീർന്നു അപ്പൊ സർവകർമ്മ സന്യാസം ഭിക്ഷാടനം കൂടി സർവകർമ്മ സന്യാസം ശങ്കരാചാര്യർ പറഞ്ഞെങ്ങനെ നടക്കാത്ത കാര്യമാണ് ഇന്നിപ്പം ഭിക്ഷാടനം നടത്തിയാൽ ബാക്കിയുള്ളതൊന്നും നടക്കത്തില്ല അഹിംസ ബ്രഹ്മചര്യം സത്യം ശ്രവണം മലണം ഇതൊന്നും നടക്കത്തില്ല അതെല്ലാം നടത്താൻ പോയാൽ വിക്ഷാടനം നടക്കത്തില്ല അങ്ങനെ മാറിപ്പോയി കാലം മാറിപ്പോയി കാലത്തിനനുസരിച്ച് അതിനനുസരിച്ച് ആചാര്യന്മാർ പറഞ്ഞു ആശ്രമങ്ങളായി ആശ്രമത്തിന് വരുമ്പോ പിന്നെ സേവനമായി കർമ്മങ്ങളായി പരോപകാരപ്രവൃത്തികളായി അത് കാലം കൊണ്ടുവന്ന മാറ്റമാണ് അപ്പൊ അവിടെയെല്ലാം എന്താണ് ജ്ഞാനത്തെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അംഗീകരിക്കുന്നുണ്ട് ശങ്കരാചാര്യൻ ചെറു ചോദിക്കുക അതെങ്ങനെ ഞാനി ആയാ പിന്നെ മോക്ഷം കിട്ടാതിരിക്കുക ജ്ഞാനി ആയാലും മോക്ഷം കിട്ടേണ്ടതല്ലേ അത് അവരവരുടെ അനുഭവത്തിൽ തന്നെ നോക്കിയാൽ മതി ഞാനുണ്ട് പക്ഷെ മോക്ഷമില്ല ഇവിടെ പരാതി അതാണല്ലോ കാര്യമൊക്കെ മനസ്സിലായി പക്ഷെ നിഷ്പ്രയോജനം ഒരു പ്രയോജനമില്ല അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല അതെന്തുകൊണ്ട് സങ്കരായിട്ട് പറയുന്നതനുസരിച്ച് ആണെങ്കിൽ ആ കർമ്മങ്ങൾ കൊണ്ട് ുരിതങ്ങൾ ഒടുങ്ങിയിട്ടില്ല മുമ്പ് പറഞ്ഞല്ലോ ഓർവ് ജന്മങ്ങളുമുണ്ട് ദുരിതങ്ങൾ ഒടുങ്ങുകയാണെങ്കിൽ അവന് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ തന്നെ സന്യാസത്തിലേക്ക് പോവാ ദുരിതങ്ങൾ ഒടുങ്ങിയെന്ന് വെച്ചാൽ പിന്നെ അവന് കർമ്മയോഗത്തിന്റെ ആവശ്യമില്ല കർമ്മയോഗം അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതവിടെ സർവകർമ്മ സന്യാസപൂർവത്തിലുള്ള ജ്ഞാനനിഷ്ഠ അവിടെ അവന് മോക്ഷമുണ്ടാകും മറിച്ചാണെങ്കിലോ വേദാന്തമൊക്കെ ശ്രമിച്ചിട്ടും മോക്ഷമുണ്ട് മോക്ഷം എന്ന് പറയുന്നത് മരണശേഷമുള്ള കാര്യത്തെ കുറിച്ചല്ല പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുവനുഭവിക്കേണ്ട സ്വാതന്ത്ര്യവും സുഖവുമൊക്കെയാണ് അത് കിട്ടുന്നില്ല ഇപ്പം ശങ്കരാചാര്യർ പറഞ്ഞ വഴിക്ക് നടക്കാൻ നോക്കുന്നില്ല നടക്കുന്ന വഴിക്ക് മോക്ഷം കിട്ടുന്നുമില്ല അപ്പം ഇതിൻ്റെ പരിഹാരം എന്താണ് അതാണ് പിന്നീട് ആചാര്യന്മാർ ഇതിന് ഭേദഗതികൾ വരുത്തിയത് അപ്പോൾ സന്യാസിക്കും ആകാം കർമ്മവും കർമ്മയോഗവും സന്യാസിക്ക് കാരണം എന്തുകൊണ്ട് അവന്റെ ദുരിതം ക്ഷയിക്കണം അല്ലെങ്കിൽ അവൻ ജ്ഞാനിയായിരിക്കണം ഒരാൾ പറയുന്നു എനിക്ക് കർമ്മങ്ങളൊന്നുമില്ല ഞാൻ സന്യസിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരാൾക്ക് പറയാൻ അവകാശമുണ്ട് പക്ഷെ അയാൾ എന്തു ചെയ്യണം ഈ ജ്ഞാനം കൊണ്ട് തൃപ്തനായിരിക്കണം ജ്ഞാനതൃപ്തൻ എന്ന് പറയും അങ്ങനെ ആയിരിക്കും ഒന്നിനെ ആശ്രയിക്കാതെ നിരാശ്രയനായി നിരപേക്ഷനായി അയാൾ തൃപ്തിയും സുഖവും സ്വാതന്ത്ര്യമെല്ലാം അങ്ങനെയാണെങ്കിൽ അയാൾ സന്യാസിയാണ് ജ്ഞാനിയാണ് മുക്തനുമാണ് അതില്ലാത്തിടത്തോളം കാലം ജ്ഞാനം നേടുന്നു മോഷം നേടുന്നില്ലെങ്കിൽ അവിടെ ദുരിതക്ഷയം സംഭവിച്ചിട്ടില്ല അപ്പം ആ ദുരിതക്ഷയത്തിന് വേണ്ടി കർമ്മയോഗം ചെയ്യണം അതുകൊണ്ടാണ് ആധുനികാചാര്യന്മാർ പറയുന്നത് കർമ്മയോഗം അത് ഒഴിവാക്കാൻ കഴിയില്ല അപ്പം സന്യാസിയായാലും അത് ചെയ്യണം അങ്ങനെ ഒരു മാറ്റം വരുത്തി അതായത് ശങ്കരാചാര്യന്റെ ആശയത്തിന് കാലോചിതമായി വരുത്തിയൊരു മാറ്റമാണ് അതുകൊണ്ട് തന്റെ സിദ്ധാന്തം എന്താണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു സർവേശാന്ത അധികാരോ വിദ്യായ എല്ലാ ആശ്രമികൾക്കും ആത്മവിദ്യയിൽ അധികാരമുണ്ട് പരഞ്ചശ്രേ കേവലയ കേവലായ വിദ്യായ കർമ്മരഹിതമായ കർമ്മത്യാഗപൂർവ്വത്തിലൂടെ വിപുലമായ വിദ്യയിലാണ് ആ കർമ്മത്യാഗം എന്ന് പറയുമ്പോഴും ഒരിക്കുകയാണ് കർമ്മത്യാഗത്തിന് രണ്ടു തരത്തിൽ വ്യക്തി ഒന്ന് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഉള്ള കർമ്മത്യാഗം കർമ്മം ചെയ്യുമ്പോൾ തന്നെയുള്ള കർമ്മ ആ ത്യാഗം രണ്ടു തരത്തിൽ സംഭവിക്കുക ഒന്ന് ജ്ഞാനികളിൽ ജ്ഞാനീ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർമ്മത്യാഗം ജനങ്ങളുടെയും മറ്റു ഉദാഹരണം പറയും കർമ്മം ചെയ്യുന്നതോടെ കർമ്മത്യാഗം സംഭവിക്കുന്നു രണ്ടാമത് വരുന്ന കർമ്മത്യാഗം കർമ്മയോഗികൾ അത് ശങ്കരാചാര്യ പറഞ്ഞു കർമ്മയോഗിയിൽ അതൊരു അഭ്യാസ രൂപത്തിലിരിക്കുന്നു ജ്ഞാനിയിൽ അത് ശ്രദ്ധമായിരിക്കുന്നു കർമ്മയോഗിയും കർമ്മത്യാഗിയാണ് അയാൾ കർമ്മം ചെയ്യുമ്പോൾ അയാൾ ആത്മാവിന്റെ നിസ്സംഗതിയും മറ്റു സ്മരിക്കുന്നത് കൊണ്ട് അന്ന് തത്വത്തെ ഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നതുകൊണ്ടും അഹന്തയെ തിരിച്ച് കർമ്മം ചെയ്യുന്നുണ്ട് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അവിടെയും കർമ്മത്യാഗമുണ്ട് ഇത് രണ്ടുമല്ല ഇവിടെ പറയുന്ന കർമ്മത്യാഗം തത്വജ്ഞാനിയുടെ കർമ്മത്യാഗമോ അല്ലെങ്കിൽ കർമ്മയോഗിയുടെ കർമ്മത്യാഗമോ അല്ല മറിച്ച് കർമ്മയോഗമെല്ലാം ചെയ്ത് കർമ്മത്തെ ബാഹ്യമായി തിരിക്കുന്ന കർമ്മത്തെ അതാണ് സന്യാസാശ്രമം അതിനാണ് ആശ്രമം എന്ന് പറയുന്നത് ഇവിടെ അതാണല്ലോ ചർച്ച മറ്റത് അത്യാശ്രമം ഞാനിവിടെ നിന്നെ കുറിച്ച് പറയുമ്പോ അവിടെ അതിനൊരാശ്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഇതിനെ തന്നെ നമ്മൾ ഗൃഹസ്ഥനെന്ന് പറയുമെങ്കിലും വാസ്തവത്തിൽ ഗൃഹസ്ഥനല്ല അത്യാശ്രമീയാണ് ആശ്രമത്തെ ഇവിടെ അങ്ങനെയല്ല കർമ്മത്യാഗത്തോടുകൂടി ഒരു പ്രത്യേക നിഷ്ഠയിലിരുന്നു ആ നിഷ്ഠയിലിരുന്നു കൊണ്ട് തത്വജ്ഞാനത്തിന്റെ ഫലമായ മോക്ഷത്തെ നേടുന്നു അത് നേടിയാൽ അയാൾ അത്യാശമീയമായി ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനുള്ള സാധനയെക്കുറിച്ചാണ് എന്തായിരിക്കണം ആ സാധന അത് കർമ്മയോഗത്തോടുകൂടിയ ദാർഢസ്ത്യമാണോ അതോ കർമ്മത്യാഗത്തോടു കൂടിയ സന്യാസമാണ് ഇതാണ് ഇവിടുത്തെ ചർച്ച ആവശ്യം വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു വീണ്ടും വീണ്ടും അവിടെ തന്നെ വരുന്നു ഒന്ന് കർമ്മയോഗ അനുഷ്ഠാനത്തോടുകൂടിയ ഗർഹസ്ഥ്യം രണ്ടാമത് കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസം ഇതേതാ അതിന് ശങ്കരാകാര്യ ഉണ്ടായിത്തിരിക്കുന്നു ഒന്ന് ജ്ഞാനം മറ്റൊന്ന് മോക്ഷം ജ്ഞാനത്തിന് ആദ്യത്തേത് മതി കർമ്മയോഗ അനുഷ്ഠാനത്തോടുകൂടിയ ഗാർഹസ്ഥി മോക്ഷത്തിന് രണ്ടാമത്തു തന്നെ വേണം സർവകർമ്മ ത്യാഗപൂർവമായ സന്യാസം അതാണ് ഈ ഭാഗത്ത് അതിനെ സമർപ്പിച്ചിരിക്കുന്നത് ഇതിനോട് എന്തെങ്കിലും നമുക്ക് യോജിപ്പിക്കാതെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരങ്ങനെയല്ലോ മറ്റയാൾ അങ്ങനെയല്ലല്ലോ ചോദിക്കുന്നെങ്കിൽ അതിനെല്ലാം നമ്മൾ അത്യാശ്രമികളെന്ന് ഉൾപ്പെടുത്തി പോകുന്നു നമ്മൾ മഹാത്മാക്കളുടെ ദൃഷ്ടാന്തങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യുന്നു അതുകൊണ്ടാണ് ശങ്കരാചാര്യ ഇവിടെ ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാറ് പിന്നാരെ പോലെ മറ്റാളിനെപ്പോലെ അങ്ങനെ പറയുന്നുണ്ട് കാരണം ദൃഷ്ടാന്തങ്ങളിലേക്ക് വരുമ്പോൾ അവരെയെല്ലാം നമ്മൾക്ക് അത്യാശ്രമികളെന്ന് ഗണിക്കും ഒരു സന്യാസത്തിലാണോ ഗ്രഹസ്ഥത്തിലാണോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആശ്രമധർമ്മം അങ്ങനെയൊന്നുണ്ട് വിശേഷിച്ച് ശങ്കരാചാര്യ കാലത്ത് അത് വളരെ പ്രബലമായിരുന്നു ആശ്രമധർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്ഞാനത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഇത് വ്യക്തമായി ധരിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അത് അവസാനിപ്പിക്കുന്നു അതുകഴിഞ്ഞ് ശാന്തിമന്ത്രം അതുകഴിഞ്ഞ് അടുത്ത വല്യ ആരംഭിക്കുന്നു അവിടെ ഈ ശാന്തി മന്ത്രത്തോടുകൂടി തുടങ്ങുന്നു ശാന്തി മന്ത്രത്തോടുകൂടി കഴിഞ്ഞ ഭാഗം അവസാനിച്ചു വീണ്ടും ശാന്തിമന്ത്രത്തോടുകൂടി തുടങ്ങും അവന്തിന് വേണ്ടി ഭക്ഷിക്കാരൻ പറയുന്നു ശമനോ മിത്ര ഇത്യാദി അതീത വിദ്യാപ്രാപ്തി ഉപസർഗപ്രശമനാർത്ഥ ശാന്തി പഠിത ഒരു വിദ്യ പറഞ്ഞു ഇനി പറയാൻ പോകുന്ന വിദ്യയെക്കുറിച്ചാണ് അപ്പോ വിദ്യയെക്കുറിച്ച് നമ്മളെ ബോധിപ്പിച്ചതേ ഉള്ളൂ ബോധിപ്പിച്ചപ്പോ ശ്രോതാവ് അത് ബോധിപ്പിക്കണമെന്ന് ബോധിക്കണമെന്നില്ല കുറേയൊക്കെ ബോധിച്ചെന്നും വരാം അതിൽ വരുന്ന പോരായ്മകൾക്ക് കാരണം എന്താണ് ഉപ്പസർഗം ഇതുവരെ നമ്മൾ ചെറുത്തുരിതം പൂർവാർജിതമായ ദുരിതം ഇതാണ് തടസ്സം ഇതിനെക്കുറിച്ച് ആചാര്യസ്വാമികൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഉപസർഗം അതെപ്പോഴും വിദ്യക്ക് തടസ്സമായിരിക്കുന്നു വീണ്ടും വീണ്ടും അത് ശ്രവിക്കേണ്ടി വരുന്നു ഉപസർഗങ്ങളിരിക്കുന്നുണ്ട് തടസ്സങ്ങളിരിക്കുന്നുണ്ട് അപ്പോ വിദ്യ ശ്രവിച്ചു കഴിഞ്ഞാലും ടസ്സം കൊണ്ട് ഒരുവന്റെ ഉള്ളിൽ അത് പ്രകാശിക്കുന്നില്ല അപ്പൊ ആ ശ്രവിച്ച വിദ്യയുടെ ഉപസർഗങ്ങൾ അതിന്റെ ഫലപ്രാപ്തിക്കുള്ള തടസ്സം അതിന്റെ പ്രശമനാർത്ഥ അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാന്തി ഇതാനിന്ത പക്ഷ്യമാണ് ബ്രഹ്മവിദ്യാപ്രാപ്തി ഉപസർഗോപശനാർത്ഥ ശാന്തി പഠ്യത ഇതുവരെ തത്വം ശ്രവിച്ചു ശ്രവിച്ചിട്ടും തത്വം പ്രകാശിക്കുന്നു അത് സംഭവിക്കുന്നുണ്ട് തത്വം ശ്രോതാവിന്റേതായി മാറുന്നില്ല അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് വീണ്ടും ശ്രമിക്കേണ്ടി വരും അപ്പൊ ഇനിയുണ്ട് വക്ഷ്യമാണ് ബ്രഹ്മവിദ്യ ഇനി പറയാൻ പോകുന്നു വീണ്ടും ബ്രഹ്മവിദ്യ അത് ശ്രുതിക്കറിയാം ഇത് ആവർത്തിക്കൊണ്ടേ സാധ്യമാകൂ ഇനി പറയാൻ പോകുന്ന ആ വിദ്യ അതിന്റെ പ്രാപ്തിക്ക് അതും അവിടെയും വീണ്ടും ഒരു ഇതേ സാധനം ഇനി ഉപസർഗം വിഘ്നം ദുരിതം അതിന്റെ ഉപശമാർത്ഥ ശാന്തി അത് ശമിക്കണം അതും ഗ്രഹിക്കണം ഗ്രഹണം തന്നെ ഗ്രഹണത്തിൽ തന്നെ ന്യൂനതകൾ വരുത്തുന്ന ഈ വിഘ്നങ്ങൾ തത്വവിശ്രമിക്കുന്നു ഉറങ്ങിപ്പോ ഇതെന്നൊരു ഉപസർഗമാണ് വിഘ്നമാണ് അതൊരുപസർഗമാണ് വിഘ്നമാണ് കേൾക്കുമ്പോൾ അത് ഉറങ്ങിപ്പോവുക പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ സത്സംഗം വളരെ ക്ഷേമമായിരിക്കും വളരെ നന്നായിരിക്കും എന്താ കാരണം അത് കേട്ടാലുടൻ തന്നെ ഉറക്കം വരും സംഘം ശരിയാണ് കേൾക്കുമ്പോ തന്നെ ഉറക്കം വരും സത്സംഗം ശ്രവിക്കുമ്പോ കാരണം സത്സംഗത്തിൽ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും ആത്മാവിനെ കുറിച്ച് കേൾക്കും പറയുമ്പോ മനസ്സൊന്ന് ശാന്തമാവും അപ്പൊ ഉറങ്ങിപ്പോകും ഉറങ്ങാതിരിക്കണമെങ്കിൽ ചീത്ത പറയു എന്നാ കേട്ടോണ്ടിരിക്കയോടുകൂടി എന്താ പറയുന്നു ഉറക്കം വരത്തില്ല ശ്രോതാവിന്റെ സംസ്കാരം അനുസരിച്ച് പറയണം പറയുമ്പോ എല്ലായിടത്തും അത് പറയാൻ പറ്റൂ വല്ലപ്പോഴും പറയാം നിരന്തരം അത് പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞ ആൾക്കാരെ എപ്പോഴും ഉണർത്തിയിരുത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ കളി തമാശകൾ പറഞ്ഞാലും ആളുകൂടും കാരണം മിമക്രി ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ആ സംസ്കാരത്തോടുകൂടിയാണ് ഇതിനും വരുന്നത് മിമിക്രി സംസ്കാരത്തോടുകൂടി അപ്പം മിമിക്രി സത്സംഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാതിലൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും അവിടെയൊക്കെ മനസ്സുണർന്നിരിക്കും പക്ഷെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ ഉറങ്ങിപ്പോ എന്താണ് ഉപസർഗം അത് ഉപസർഗ്ഗം അതിന്റെ ഉപശന ഉപശമനാർത്ഥ അതിന്റെ ഉപശമനത്തിന് വേണ്ടി അത് ശമിപ്പിക്കുന്നതിന് വേണ്ടി ശാന്തി പഠ്യതേ അതിനുവേണ്ടി ശാന്തി പറയുന്നു ശാന്തി മന്ത്രം പറയുന്നു ശമനോമിത്രീതി സഹനാവു ഇതി രണ്ട് ഇവിടെ രണ്ട് ശാന്തിയുണ്ട് സമനോമിത്ര ഇത്യാദി പൂർവവത് സ്പഷ്ടം അന്ന് മുമ്പ് എന്നെ വ്യാഖ്യാനിച്ചു സഹനാവപതു അതിനെ വ്യാഖ്യാനിക്കുന്നു വാഷികാർ സമനോമിത്രമരുണ ം നോ ഭയമാം ഇ ബൃഹസ്പതിന് വി വിഷുരുമ नमो ബ്രഹ്മണേ नमस्ते വായു മേ പ്രത്യക്ഷം ബ്രഹ്മാസി സ്വാമീവ പ്രത്യക്ഷം ബ്രഹ്മ വരിഷ്യമി അർതം വരിഷ്യമ സത്യം വരിഷ്യമി തന്മാമു തദ്വക്രമവു അതു മാം അവതു വക്ത ധു വരം സഹന സഹനോ ഭുനത്തോ സഹ വീര്യം ഗരവാവഹൈ തേജസ്വനധീതമസ്തു മാഷാവഹൈ ഓം സന്തി സാന്തി സന്തി സഹനാഭവതു സഹനൗ ശിഷ്യാചാര്യ സഹൈവതു രക്ഷതു ഇത് ഭാഷകാലം തന്നെ മുമ്പ് വ്യാഖ്യാനിച്ചതാണ് നമ്മളത് ചർച്ച ചെയ്തതാണ് അതുകൊണ്ടിന് വലിയ ചർച്ചയുടെ ആവശ്യം ഇവിടെ ഇല്ല ശിഷ്യാചാര്യ സഹയോ അവന്മാരെ അവതു രക്ഷതു അവധുവിന്റെ അർത്ഥമാണ് ഭക്ഷ്യകാരം പറഞ്ഞ രക്ഷതു രക്ഷിക്കട്ടെ സഹനു ഭുനു ഭോജയു ഭുജിപ്പിക്കട്ടെ ഭുജാമനു പാലനും രക്ഷിക്കുക ഭക്ഷിക്കുക രണ്ടർത്ഥമുണ്ട് ഭക്ഷ്യകാരൻ മുൻപ് വ്യാഖ്യാനിച്ചെടുത്ത് ഭുനക്തോ പാലയുതു എന്നുള്ള അർത്ഥത്തിലാണ് വ്യാഖ്യാനിച്ചത് ഇവിടെ ഭോജ ചെയ്തു എന്നുള്ള അർത്ഥം പറഞ്ഞു പാലേതു അർത്ഥം പറഞ്ഞില്ല രണ്ടിന്റെയും താല്പര്യം ഒന്നായിട്ട് നോക്കെടുക്കാം ശിഷ്യനും ആചാര്യനും ഭക്ഷണം കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ കഴമ്പില്ലല്ലോ ഭക്ഷ്യതാരൻ ഭോജ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് അവിടെ പറഞ്ഞു വിദ്യാപ്രകാശന ാണ് വിദ്യ പ്രകാശിപ്പിച്ചുകൊണ്ട് രണ്ടുപേരെയും രക്ഷിക്കട്ടെ ഒരാശംസാരൂപത്തിൽ ആരാ രക്ഷിക്കട്ടെ വേദം രക്ഷിക്കട്ടെ അല്ലെങ്കിൽ വിദ്യ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ ഈശ്വരൻ രക്ഷിക്കട്ടെ ഗുരുപരമ്പര രക്ഷിക്കട്ടെ കൃഷി പരമ്പര ഇത്തരത്തിലെല്ലാം നമുക്ക് അതിനെടുക്കാം അപ്പൊ അതിന്റെ താല്പര്യം അതാണ് പക്ഷെ ഇവിടെ ഭാഷകാരൻ അങ്ങനെ പറഞ്ഞത് അത് ഒരേ കാര്യം തന്നെ രണ്ടു തവണ വ്യാഖ്യാനിച്ചു കുഴപ്പം പറ്റും ആദ്യം പറഞ്ഞതിന് രണ്ടാമത് പറയണമെന്നില്ല ശ്രമവിട്ടു പോകും പക്ഷെ അത് എന്റെ താല്പര്യമൊന്നായിരിക്കും മുൻപ് പറഞ്ഞ ആശയത്തിന്റെ നിഷേധമായിരിക്കത്തില്ല അതിന്റെ ഒരു പൂർത്തീകരണമായിരിക്കും രണ്ടാമത് വരുന്നത് ഭാഷകാരനിങ്ങനെ പരസരത്തും രണ്ടാമത് വ്യാഖ്യാനിക്കുമ്പോൾ ആദ്യ വ്യാഖ്യാനത്തെ പിന്തുടർന്നിട്ടില്ല വേറെ ഉദാഹരണങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അതിന്റെ പൂർണ്ണത രണ്ടു കൂടി ചേരുമ്പോഴായിരിക്കും ആ വ്യാഖ്യാനം പൂർണ്ണമാകുന്നതെന്ന് മനസ്സിലാക്കുക സഹവീര്യം വിദ്യാതിനിമിത്തം സാമർഥ്യം കരവാവഹൈ നിർവർത്തയാവഹൈ ഞങ്ങൾ ഗുരുവിനും ശിഷ്യനും വിദ്യ മുതലായതുകൊണ്ടുണ്ടാകുന്നു വിദ്യാനിമിത്തമായിട്ടുള്ള ആ സാമർഥ്യം തേജസ് അതുണ്ടാകട്ടെ വിദ്യ കൊണ്ടുള്ള സാമർഥ്യം എന്ന് പറയുന്നത് എന്താണോ വിദ്യ എന്തിനു വേണ്ടി ഫലത്തെ കൊടുക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞു ഭാഷകാരൻ ഈ ജ്ഞാനം മോക്ഷമാകുന്ന ഫലത്തിന് വേണ്ടിയിട്ടാണ് ജ്ഞാനം വേദാധ്യയനത്തിൽ തന്നെ ഞാനും ഒരുവന പ്രാപ്തമായി പക്ഷെ അത് ബലമായി മുക്തി കൊടുക്കുന്നുണ്ട് ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടേണ്ട കാര്യം അത് സിദ്ധമായതാണ് പക്ഷെ മുക്തിയാണ് ഇവിടെ ലഭ്യമല്ലാതിരിക്കുന്നത് അത് രണ്ടുപേരിൽ സംഭവിക്കട്ടെ ആചാര്യനും ശിഷ്യനിലും സംഭവിക്കട്ടെ എന്നാണ് എന്താ ആചാര്യൻ മുക്തനല്ലേ നേരത്തെ ഭാഷകാരൻ പറഞ്ഞല്ലോ ജ്ഞാനത്തിന് സർവർക്കും അവകാശമുണ്ട് പക്ഷെ മുക്തിക്കെല്ലാവർക്കും അവകാശമുണ്ട് ആചാര്യൻ ജ്ഞാനിയാകാം മുക്തനായിക്കൊള്ളണമെന്നില്ല അതിനുള്ള യുക്തികളൊക്കെ ഭാഷകാരൻ നേരത്തെ പറഞ്ഞു ഗുരുവിൽ ജ്ഞാനത്തിൽ തന്നെ വ്യത്യാസമുണ്ട് തന്നെ ഇവിടെ പറയുന്നില്ല പല ഭേദങ്ങൾ പരോക്ഷം അപരോക്ഷം അങ്ങനെയൊക്കെ പലതരത്തിൽ ജ്ഞാനത്തിന് ഭേദം പറയും പക്ഷെ ആ ജ്ഞാനത്തിൽ തന്നെ ഇവിടെ പറയുന്നു എന്താണോ ജ്ഞാനത്തിന് എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ മുക്തിക്ക് എല്ലാവർക്കും അവകാശമുണ്ട് ജ്ഞാനം പ്രാപിക്കുകയും മുക്തി പ്രാപിക്കാതിരിക്കുകയാളാ ഇതെല്ലാം വിധത്തിലെ ഓരോ പ്രത്യേകമായ ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നു ജ്ഞാനം തന്നെയാണ് മുക്തി ജ്ഞാനം മുക്തി ഇതിന്റെ ഇടയ്ക്ക് സമയമില്ല ഇതൊക്കെ ഭക്ഷ്യകാരൻ തന്നെ പറയും അതൊക്കെ മറ്റൊരു തലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് മറ്റൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ഇങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ പരസ്പര വൈരുദ്ധ്യമുള്ളതുപോലെ പോകുന്നുണ്ടെങ്കിൽ അതെന്താ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനെന്തന്നെ മോക്ഷം ഞാനും മോക്ഷം തമ്മിൽ ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഇടയ്ക്ക് പിന്നെ ഗ്യാപ്പൊന്നും ഇല്ല പിന്നെ മോക്ഷം നേടാതിരിക്കുക അങ്ങനെ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ വിരുദ്ധമായൊരു കാര്യം അല്ല ഇവിടെ പറയുന്നു കൂടാതെ വേറെ തരത്തിൽ പറയും ആ തത്വജ്ഞാനം വ്യവഹാരം മോക്ഷം ഇവയെ പരസ്പരം ബന്ധപ്പെട്ട് പറയാണ് ഈ സന്ദർഭത്തിൽ ഓരോ സന്ദർഭത്തിനും ആ ജ്ഞാനമൊന്നും വ്യവഹാരമൊന്നും മോക്ഷമൊന്നും എല്ലാം പറയുന്നതിന്റെ താല്പര്യങ്ങൾ വേറെയായിരിക്കും ജ്ഞാനം എന്ന് പറയുന്ന തരത്തിലെ ഞാൻ പറഞ്ഞല്ലോ പരോക്ഷമായ ജ്ഞാനം ഒന്നെടുക്കാം ഇതിനിടത്ത് അപരോക്ഷമായ ഞാനും ഒന്നെടുക്കാം മുക്തി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ജീവൻ മുക്തി എടുക്കാം ക്രമം മുക്തിക്കാം വിദേഹം മുക്തിക്കാം പലതരത്തിലെടുക്കാം വ്യവഹാരങ്ങൾ തന്നെ എന്താണ് ബാധിതമായ വ്യവഹാരമൊന്നെടുക്കാം അബാധിതമായ വ്യവഹാരമൊന്നെടുക്കാം ഇതെല്ലാം സന്ദർഭങ്ങൾ അനുസരിച്ച് ഇതിന്റെ താൽപര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പരസ്പരം ഈ പറയുന്നതിന് വിരോധം വരത്തില്ല അല്ലെങ്കിൽ വീണ്ടും മനസ്സിൽ ഇങ്ങനെ കുഴങ്ങും അതെന്താ അങ്ങനെ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ പറഞ്ഞു ആ വിദ്യാനിമിത്തമായി വരുന്ന സാമർഥ്യങ്ങളെല്ലാം ഞങ്ങളിൽ ഉണ്ടാവട്ടെ മോക്ഷപര്യന്തമുള്ള തേജസ്വി നൗ ആവയോഹോ തേജസ്വിനോഹോ തേജസ്വി നൌ അധീതം അസ്തു അത് രണ്ടു തരത്തിലെടുക്കാം തേജസ്വി അസ്തു അങ്ങനെ എടുക്കാം തേജസ്വി അസ്തു തേജസ്വി എന്ന് പറയുന്ന ക്രിയാവിശേഷണമായിട്ട് വരും ക്രിയാവിശേഷണങ്ങൾ നപുംസകത്തിനും ഏകവിധത്തിനും പ്രയോഗിക്കുമെന്നാണ് നിയമം അപ്പൊ തേജസ്വി എന്ന് പറയുന്നത് അങ്ങനെ എടുക്കും തേജസ്വി അസ്തു നൌ അതീതം തേജസ് അസ്തു അവിടെ രണ്ട് പദമായിട്ട് വരും അല്ലെങ്കിൽ തേജസ്വി നൌ എന്നെടുക്കാം തേജസ്വിൻ ശബ്ദം നകാരാന്തം പുല്ലിംഗം തേജസ്വി തേജസ്വി നൌ അങ്ങനെ അതേശബ്ദം തന്നെ പുലിംഗത്തിൽ തേജസ്വിൻ നമുസകത്തിൽ തേജസ്വി അങ്ങനെ അപ്പൊ അങ്ങനെ ഏതരത്തിലും വ്യാഖ്യാനിക്കാം ഭാഷാപരമായിട്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് ഭാഷകാലം പറയുന്നു നൌ വാമയോഹോ തേജസ്വിനോഹോ അതീതം തേജസ്വികളായ ഞങ്ങൾ അധ്യയനം ചെയ്തതെല്ലാം സു അധീതം വസ്തു നല്ലവണ്ണം അധ്യയനം ചെയ്താൽ അത് പൂർണ്ണമാകട്ടെ സു അധീതം അങ്ങനെയുള്ളത് തേജസ്വി അസ്തു അധീതമസ്തു അർത്ഥജ്ഞാനയോഗ്യം വസ്തു അർത്ഥജ്ഞാനയോഗ്യമായി തീരട്ടെ എന്നിടത്ത് അധ്യയനത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടതാണ് അർത്ഥം ഞാൻ ഉണ്ടാകുന്നു കേൾക്കുന്നു ഗ്രഹിക്കുന്നു പക്ഷേ അത് പൂർണ്ണതയിലല്ലോ ഒരുപാട് അപൂർണതകളോടുകൂടി പല ഭാഗത്ത് സംശയം വരുന്നു നമ്മൾ വരുന്നത് വ്യക്തമാകുന്നില്ല വരുന്നത് വ്യക്തമായി പക്ഷേ അന്നത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ് അവ്യക്തതയിൽ നിന്നും വ്യക്തതയിലേക്ക് ഇങ്ങനെ പോകുന്നു സ്വധീതമാണ് അത് അപരോക്ഷ സാക്ഷാത്കാര രൂപത്തിലാകുന്നില്ല തർദ്ധജ്ഞാനത്തിന്റെ പരമാവധി എന്ന് പറയുന്നതാണ് സ്വ അനുഭവമായി മാറുന്നത് അങ്ങനെ തീരട്ടെ മാ വിദ്വാവഹേ വിദ്യാഗ്രഹണനിമിത്തം ശിഷ്യ ആചാര്യസ്യവ പ്രമാദകൃതാ അന്യായാ വിദ്വേഷപ്രാപ്ത ശമനായ വിദ്ഷാവ വിദ്വാ വഹി പരസ്പരം വിദ്വേഷം ഉണ്ടാകരുത് എന്നാ ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമെന്നുള്ള അത് മുൻകൂട്ടി കാണുകയാണ് ഉണ്ടാകാനുള്ള ചാൻസ് എപ്പോഴുമുണ്ട് വിദ്യാഗ്രഹണ നിമിത്തം ഈ വിദ്യാഗ്രഹണത്തിൽ തന്നെ ഇതുകൊണ്ട് തന്നെ പരസ്പരം വിദ്വേഷങ്ങൾ ഉണ്ടാകാം അല്ലാചാര്യനും ശിഷ്യന്മാർക്കും ഉണ്ടാകാം ആചാര്യന് ശിഷ്യനോടും ശിഷ്യൻ ആചാര്യനോടും ഉണ്ടാകാം ശിഷ്യൻ ആചാര്യനോട് മാത്രമല്ല തിരിച്ചുണ്ടാകാം എന്നാണ് വിദ്യാഗ്രഹണനിമിത്ത ശിഷ്യ ആചാര്യ പ്രമാദകൃത അന്യായ ശിഷ്യനിലും പ്രമാദം സംഭവിക്കാം ആചാര്യനിലും പ്രമാദം സംഭവിക്കാം അബദ്ധങ്ങൾ അങ്ങനെ സംഭവിക്കാം ആചാര്യൻ എന്ന് ഈ പ്രമാദങ്ങൾക്ക് അതീതനാണെന്നൊന്നും ഭാഷകാരം പറയുന്നുണ്ട് വീഴ്ചകളെല്ലാം ജീവസഹജമാണ് ജീവഭാവത്തിലിരിക്കുന്ന ആർക്കും ശരീര ഇന്ദ്രിയ മനസ്സുകളോടുകൂടിയിരിക്കുന്ന ഏത് ജീവനും അത് ആചാര്യനായിക്കൊള്ളട്ടെ ശിഷ്യനായിക്കൊള്ളട്ടെ രണ്ടുപേരും ഒരുപോലെ തന്നെ എടുത്തിരിക്കുന്നു പ്രമാദം പ്രമാദ അന്യായം രണ്ടു ഭാഗത്ത് സംഭവിക്കും ശിഷ്യസ് ആചാര്യസ്വാ എന്ന് പറഞ്ഞിരിക്കുന്നു അത് ശിഷ്യനിൽ കൂടുതലായി സംഭവിക്കും ആചാര്യൻ അപൂർവമായി സംഭവിക്കത്തുള്ളൂ എന്നുള്ള വ്യത്യാസം വേണം അതുകൊണ്ട് വരുന്ന അന്യായ പ്രമാദകൃതാ അന്യായ അത് പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമാണ് ശിഷ്യന് പ്രമാദങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം പക്ഷെ ആചാര്യന് പ്രമാദം വരും എന്ന് ചില ചോദിക്കും ഇവിടെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതാണ് ശിഷ്യ ആചാര്യ ശിവ ശിഷ്യന് സംഭവിക്കുക ആചാര്യന് സംഭവിക്കാന്നാണ് പിന്നെ നമ്മളത് അംഗീകരിച്ചല്ലേ പറ്റൂ അങ്ങനെ ആചാര്യന് പ്രമാദമൊന്നും സംഭവിക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം ശിഷ്യനാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചോട്ടെ ആചാര്യന് ദോഷമൊന്നും വരാൻ പാടില്ല നമ്മൾ സങ്കല്പിക്കുന്നത് ഒരു ദോഷവും ആചാര്യനാണ് പക്ഷെ ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു അങ്ങനെയല്ല ശിഷ്യ ആചാര്യ സി വെ വ്യാഖ്യാനിക്കാൻ പറ്റും ശിഷ്യസി ആചാര്യ സി വന്നുള്ളതിന് ശിഷ്യനോ ആചാര്യനോ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വ്യാഖ്യാനിക്കണമെങ്കിൽ ശിഷ്യന് മാത്രം ആചാര്യന് ഇല്ല എന്ന് വ്യാഖ്യാനിക്കണം അതും വേണമെങ്കിൽ വ്യാഖ്യാനിക്കും പക്ഷെ അത് വ്യാഖ്യാനം സർക്കസ് ആയിക്കും വേണമെങ്കിൽ ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചു തരാം മാത്രമേ പ്രമാദമുള്ളൂ ആചാര്യനും പ്രമാദം സംഭവിക്കത്തില്ല അതിനുള്ള ഭാഷയും വ്യാകരണമൊക്കെ ഉണ്ട് പക്ഷെ അത് പ്രയാസമാണ് വലിയ നേരെ ചൊവ്വ വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെയാണ് ശിഷ്യനോ ആചാര്യനോ ർക്ക് പ്രമാദം കൊണ്ട് വന്നാൽ ശരി പ്രമാദം കൊണ്ട് അന്യായമായി അത് ശരിയല്ല അങ്ങനെ വരാൻ പാടില്ല പക്ഷെ അങ്ങനെ വരാൻ സംഭവിക്കാം എന്നാണ് വിദ്വേഷപ്രാപ്ത പരസ്പര വിദ്വേഷം വരാ എന്നാണ് അത് ശമിപ്പിക്കണം അത് വരാൻ പാടില്ല വന്നാൽ അതില്ലാതാക്കണം പരസ്പര വിദ്വേഷം വരാൻ പാടില്ല അത് ക്ഷമിക്കണം ഇത് ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ യുക്തിക്ക് ഒരു സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല അത് സംഭവിക്കാമോ യുക്തിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് അതല്ല പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ്രമാണം അതുകൊണ്ടാണ് പലപ്പോഴും വ്യക്തികൾ പ്രമാണം വചനത്തിനുള്ളത് ആചാര്യന്മാരെ പറഞ്ഞോ വ്യക്തി തൽക്കാലം കിട്ടത്തില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും കിട്ടിക്കോളൂ പറഞ്ഞതുകൊണ്ട് അത് സംഭവിക്കണം അങ്ങനെ സംഭവിക്കാം ആചാര്യനോ ശിഷ്യനോ പ്രമാദം കൊണ്ട് അന്യായമായ വിദ്വേഷം വന്നു കഴിഞ്ഞാൽ തത് ശമനായ അത് ശമിക്കുന്നതിന് വേണ്ടി ഇം ആശീഹി മാ വിദ്യുഷാമി ആശീർവചനം ഇതൊരു പ്രതീക്ഷാവചനമാണ് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം അതൊക്കെ വിദ്യയുടെ പൂർത്തീകരണത്തിന് തടസ്സമാണ് ശിഷ്യനും ആചാര്യനും തമ്മില് വഴക്കായി സത്സംഗം അവസാനിപ്പിച്ചു ആചാര്യൻ ശിഷ്യനെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ശിഷ്യൻ ആചാര്യനെ ഉപേക്ഷിച്ചു പോയി എന്നെങ്ങനെ വിദ്യ പൂർത്തിയാകും അതൊന്നും സംഭവിക്കരുത് വിദ്യ പൂർണ്ണമായ ഫലത്തെ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ഉപസർഗം അതിന് ഭാഷികാരാദി തുടങ്ങിയത് ഉപസർഗ ഉപശമനം എന്തോ പൂർവ്വ പ്രാരബ്ധങ്ങൾ ആ പൂർവ്വ പ്രാരബ്ധങ്ങൾ കൊണ്ട് പ്രാരബ്ധ രൂപത്തിൽ ആചാര്യനിലും കോപത്തോപാധികൾ പ്രകടമാകാം ശിഷ്യനിൽ അത് അവിവേകം കൊണ്ട് പ്രകടമാകുന്നു ആചാര്യനിൽ അത് കേവല പ്രാരബ്ധം കൊണ്ട് അത് പ്രകടമാകുന്നു അപ്പൊ ഇത് ശിഷ്യനെയും ആചാര്യനെയും അകറ്റിക്കളയും ഇപ്പൊ ആചാര്യന്റെ കോപത്തെ ശിഷ്യന് മനസിലാക്കാൻ പറ്റിട്ട ശിഷ്യൻ ധരിക്കുന്ന എന്താണോ എങ്ങനെയാണോ തന്റെ അവിവേകം കൊണ്ട് തന്നെ കോപം വന്നത് അതുപോലെ ആചാര്യനും അവിവേകിയായി കോപിച്ചതാണെന്ന് ധരിക്കും ധരിക്കുമ്പോ എന്തു പറയും ശിഷ്യനവന്റെ അവിവേകം കൊണ്ട് തീരുമാനിക്കും ഞാൻ അവിവേകിയാണ് എനിക്ക് കോപം വന്നു അപ്പൊ ആചാര്യന് കോപിച്ചിരിക്കുന്നു അതുകൊണ്ട് ആചാര്യനും അവിവേകിയാണ് ീ ആചാര്യൻ എനിക്കാവശ്യമില്ല അതാണ് അപ്പോ തന്റെ കോപത്തെ പോലെ ആചാര്യന്റെ കോപത്തെ സ്വീകരിക്കാൻ പാടില്ല അത് അവിവേകം കൊണ്ട് സംഭവിക്കുന്നതല്ല അതിനെ പറയുന്നു പ്രാരബ്ധവിശേഷം അത് ആചാര്യനോ ശിഷ്യനോ ദോഷം ചെയ്യുന്നതല്ല വാസ്തവത്തിൽ അത് അനുഗ്രാഹകമാണ് അനുഗ്രഹം നൽകുന്നതാണത് പക്ഷെ അത്രയൊക്കെ മനസ്സിലാക്കുന്നതിനൊരു വിവേകം ശിഷ്യന് വേണ്ടേ ശിശു ചോദിക്കും ഇതാണ് ഒരാചാര്യൻ ഒന്ന് പറഞ്ഞ് രണ്ടിന് ചാടിക്കടിക്കാൻ വരുന്നയാളാണോ ആചാര്യൻ ഇത്രയും സംയമില്ലാത്തയാളാണോ ആചാര്യനായിരിക്കുന്നു ആചാര്യനായാൽ കുറഞ്ഞുപക്ഷെ എന്റെ അത്രയെങ്കിലും ഒരു സംയമം വേണ്ടേ എന്നൊക്കെ ശിഷ്യൻ ചിന്തിച്ചു പോവും അതീ വ്യത്യാസം മനസ്സിലാക്കാത്തോണ്ടാണ് അപ്പോ ആചാര്യന് സംഭവിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം അവിവേകം കൊണ്ട് സംഭവിക്കുന്ന അല്ല ശിഷ്യനെ സംഭവിക്കുന്നത് പോലെ പ്രാരബ്ധണ്ട് സംഭവിക്കുന്നതാണോ ആത്യന്തികമായി അത് ദോഷത്തിനല്ല ഗുണത്തിനാണ് എന്നുള്ള ആ വിവേകം ശിഷ്യൻ ഉണ്ടാകണം അപ്പൊ അതിനെ കേവല ശിഷ്യന്റെ പ്രമാദം പോലെയുള്ള ഒരു പ്രമാദമായിട്ട് എടുക്കരുത് അത് പ്രാരബ്ധരൂപത്തിലുള്ള പ്രമാദമായിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ ഒരു വിദ്വേഷം അപ്പോ ആചാര്യന് ഇല്ല പക്ഷെ ശിഷ്യനത് വരും അത് വരാതിരിക്കണം മേവ ഇതരേതരം വിദ്വേഷം ആപദ്വഹൈ ശ്രുതി പറയുകയാണ് ശ്രുതിയുടെ ആശംസ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ആചാര്യനും ശിഷ്യനും ഒരുപോലെയാണ് ശ്രുതി ആശംസിക്കുകയാണ് അപ്പോ ആചാര്യനും അങ്ങനെ കോപിക്കാതിരിക്കട്ടെ ശിഷ്യനും കോപം വരാതിരിക്കട്ടെ ശാന്തി ശാന്തി ശാന്തി ഇത് എത്രവചനം മുക്താർത്ഥം അതിന്റെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിച്ചു നമ്മൾ പലതവണ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് പക്ഷിയുമാണ് വിദ്യാ വിഘ്ന പ്രശമനാർത്ഥം ചെയ്യും ശാന്തി ഇനി പറയാൻ പോകുന്ന ഇനി ശ്രോത വിഗ്രഹിക്കാൻ പോകുന്ന വിദ്യയ്ക്ക് വരാവുന്ന വിഘ്നങ്ങൾ പലതരത്തിൽ വിദ്യക്ക് സദാ വിഘ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്രകൃതി ഒരിക്കലും ഒരുവന്റെ മനസ്സിനെ ആ വിദ്യയിൽ നിർത്താൻ അനുവദിക്കത്തില്ല എന്തുകൊണ്ടത് മായാരൂപിണിയാണ് പ്രകൃതി അപ്പം സദാസമയവും വിഘ്നമുണ്ടാകും ഇതുവരെ വന്ന വിദ്യക്കെന്ന ഉണ്ടായിരുന്നു വിഘ്നം ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വിദ്യകൾക്കും വിദ്യയുടെ ശ്രവണത്തിന് വിദ്യയുടെ പരിഭാഗത്തിന് അത് വക്ഷ്യമാണ് വിദ്യ വിഘ്നം ഇനി പറയാൻ പോകുന്ന വിദ്യയ്ക്കും ഈ വിഘ്നങ്ങളുണ്ടാകും അതിന്റെ പ്രശമനത്തിന് വേണ്ടി ആണ് വീണ്ടും ഈ ശാന്തി പറഞ്ഞിരിക്കുന്നു അവിഗ്നേന ആത്മവിദ്യാപ്രാപ്തി തന്മൂലം ഹി പരംശ്രേ പറയുന്നു ആത്മവിദ്യാപ്രാപ്തി അത് വിഘ്ന നാശം കൊണ്ടേ സംഭവിക്കൂ അതൊരു മുഖ്യമായ ഒരു വിഷയമാണ് അബ്ദവിദ്യാപ്രാപ്തി അവിഗ്നാശിതി വിഘ്നാശത്തിലൂടെ അത് സംഭവിക്കൂ അവിടെയാണ് സർവ സാധനങ്ങൾക്കും സംഗതി വരുന്നത് പക്ഷികാലം പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചര്യ തപസ് തുടങ്ങിയ സാധനങ്ങൾ ശ്രവണ മനനാദികൾ സർവ്വതും ജപതപാധികൾ സർവവും എന്താണ് ഈ അവിഗ്നത്തിന് വിഘ്ന നാശത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിഗ്നേന ആത്മവിദ്യാപ്രാപ്തി അതുകൊണ്ടേ സാധ്യമാകുന്നു തന്മൂലം ഹി പരംശ്രേ ആത്മവിദ്യാപ്രാപ്തി എങ്ങനെയുള്ള ആത്മവിദ്യാപ്രാപ്തി ഇവിടെ പറഞ്ഞു ശിഷ്യനും ആചാര്യനും എല്ലാ ജ്ഞാനികളാണ് ജ്ഞാനം ആചാര്യന്റെ കയ്യിൽ മാത്രമല്ല ശിഷ്യന്റെ കയ്യിൽ കൊണ്ട് വേദാധ്യയന തുടങ്ങിയ സമയം മുതലേനെ അയാളുടെ ജ്ഞാനപ്രാപ്തി വന്നു കഴിഞ്ഞു തത്വമസി അഹം ബ്രഹ്മാസ്മി സത്യം ജ്ഞാനം വിജ്ഞാനമാനന്ദം എന്നെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ജ്ഞാനം പ്രാപ്തമായി പക്ഷെ അവിഗ്നേനല്ലാശത്തോടുകൂടിയല്ല അതാണ് അവിഗ്നേന ആത്മവിദ്യാപ്രാപ്തി അങ്ങനെയുള്ള ആ വിദ്യ തന്മൂലം ഹി പരം ശ്രേയ അതുകൊണ്ട് ശ്രേയസ് മോക്ഷം ജീവിച്ചിരിക്കുന്ന മോക്ഷം ഈ മനസ്സിൽ നിന്നുള്ള മോക്ഷം ഈ ലോകത്തിൽ നിന്നുള്ള മോക്ഷം ഈ ശരീരത്തിൽ നിന്നുള്ള മോക്ഷം അതെല്ലാം ജീവിച്ചിരിക്കുക സംഭവിക്കണമെങ്കിൽ വിഘ്ന കൂടിയ ആ പ്രാപ്തി വരണം അതുകൊണ്ട് ഇവിടെ ശ്രവണം തുറന്നുകൊണ്ടേയിരിക്കുന്നു ആത്മജ്ഞാനത്തെ പ്രതിക്ഷണം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും വിഘ്ന നാശം സംഭവിക്കുന്നില്ല മോക്ഷം സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക വിഷയത്തെ ഇവിടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷയക്കാരൻ ഇവിടെ ആത്മജ്ഞാനത്തെയും മോക്ഷത്തെയും രണ്ടായിട്ടും രണ്ട് കാലത്തിലായിട്ടും രണ്ട് നിമിത്തമായിട്ടുമൊക്കെ ഇവിടെ എടുത്തു കാണിക്കുന്നു ഇതുവരെ വന്ന ആ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയണ അടുത്ത് വരുന്ന ഭാവത്ത് ഓം ബ്രഹ്മവിതാനോദിപരം തദ്ദേശ്യുക്ത സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ േദനിഹതം ഗുഹാ പരമേ വ്യോമൻ സോശ് സർവാൻ കാണിപ്പിത്തെതി തസ് എസ്മാത്മന ആകാശൂ ആകാത് വയുര പൃഥി പൃഥിഷയാ ഓഷധീഭ്യോ അനം അന് പുരുഷ സവായ പുരുഷോ അനരസമയ ിരംക്ഷിണ അയുത്തര പക്ഷം പ്രതിഷ്യേഷ ശ്രോകോ